വിധി നിർണ്ണയിക്കപ്പെട്ടപ്പോൾ പിശാജ് പറഞ്ഞു തീർച്ചയായും അള്ളാഹുസുബാനഹുവ ചായല നിങ്ങൾക്ക് സത്യസന്ധമായ വാഗ്ദാനം നൽകിയിരുന്നു ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം നൽകുകയും എന്നാൽ ഞാൻ നിങ്ങളെ വഞ്ചിക്കുകയും ചെയ്തു ഞാൻ നിങ്ങളെ വിളിക്കുകയും നിങ്ങളതിനുത്തരം നൽകുകയും ചെയ്തതല്ലാതെ നിങ്ങളുടെ മേൽ എനിക്ക് യാതൊരു അധികാരവുമില്ല അതിനാൽ നിങ്ങളെന്നെ പഴിക്കരുത് മറിച്ച് നിങ്ങളെത്തന്നെ പഴിക്കുക ഞാൻ നിങ്ങളെ സഹായിക്കാനോ നിങ്ങളെന്നെ സഹായിക്കാനോ കഴിയില്ല മുമ്പ് നിങ്ങളെന്നെ പങ്കു ചേർത്തതിനെ ഞാൻ നിഷേധിക്കുന്നു തീർച്ചയായും അക്രമികൾക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്